പട്ടണങ്ങളിലെ ജനങ്ങൾ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും അവർക്ക് നാം അനുഗ്രഹങ്ങൾ തുറന്നുകൊടുക്കുമായിരുന്നു എന്നാൽ അവർ നിഷേധിച്ചു അതിനാൽ അവർ സമ്പാദിച്ചതിന്റെ ഫലമായി നാം അവരെ പിടികൂടി